ീഹരി പരമാനന്തപതിഷ്ടമീശ്വരം വ്യവകം സർവോകം കരണം തയമ്യഹം ശങ്കരം ശങ്കം പാതരാണംഭാഷ്യ തൗ വംേ ഭഗവതപുനഃ സദാശിവസമാരംഭം ശങ്കമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ബോധാനന്ത കല്യാണം സച്ചിമാത്മജം അച്ചു നമ്മള് പഴയകാലം മുതൽ നിലനിന്ന് പോരുന്ന ഗൃഹവൈദ്യസംബന്ധമായ ചികിത്സാ പദ്ധതികൾ ക്യാൻസറിനെ സംബന്ധിച്ച് അർബുദത്തെ സംബന്ധിച്ചുള്ളവയാണ് നോക്കിക്കാണുന്നത് ക്ലാസിക്കൽ ടെക്സ്റ്റുകളിലൊട്ട് വളരെ ഉണ്ട് അവ നമ്മൾ എടുത്തിട്ടില്ല കാരണം അത് തീർന്നിട്ടാകാം എന്ന് വിചാരിച്ച് വളരെ പരിമിതമായ എണ്ണം മരുന്നുകളാണ് നാം കാണുന്നതെന്ന് കൂടി ഓർക്കണം ഒരു പത്ത് നാൽപ്പത്തഞ്ചെണ്ണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കാണുമെന്ന് തോന്നുന്നു നാല്പത് നാല്പത്തഞ്ചെണ്ണം പറഞ്ഞ് കാണും അടുത്തത് ഒട്ടുവളരെ വൈറസുകൾക്കും അമീപകൾക്കും ബാക്ടീരിയകൾക്കും ഫലപ്രദവും ഒട്ടുവളരെ ക്യാൻസറുകൾക്ക് ഫലപ്രദവുമായ ഒരു ഔഷധമാണ് പെരിങ്ങലം അതിൻ്റെ പേര് അരി ചേർത്ത് അപ്പം ചുട്ടുന്നതിൻ്റെയാണ് പരിപത് സ്ത്രീകളില് അർബുദ ബാധയുണ്ടാകാതിരിക്കാൻ പഴയ കാലങ്ങളിൽ സ്ത്രീകളിൽ പൊതുവെ ഉണ്ടാകുന്ന അർബുദബാധയ്ക്ക് കാരണം വളരെ സൂക്ഷ്മോപജീവികളിൽ ഒന്നായ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് ആണെന്നാണ് വൈപ്പം അത് പലപ്പോഴും പ്രസവം കഴിഞ്ഞുള്ള ജീവിത നിന്നാണ് സംജാതമാകുന്നത് പഴയ കുടുംബങ്ങളിൽ നല്ല അമ്മമാരുള്ള കുടുംബങ്ങളിൽ അങ്ങനെ പറയുന്നതാണ് കുറച്ചു പ്രശ്നം പ്രസവം കഴിഞ്ഞ് ഒന്ന് പ്രസവരക്ഷ എന്ന നിലയിൽ ആദ്യം ജീരക അരിഷ്ടവും ദശമൂല അരിഷ്ടവും കഴിഞ്ഞു സൗഭാഗ്യശുന്ധി മോദകം മുതലായവയൊക്കെ ഉണ്ടാക്കി കഴിക്കും അശ്വഗന്ധാദി ചൂർണ്ണമുണ്ടാക്കി കഴിക്കും മാംസബുക്കുകളുടെ ഇടയിൽ ആടിൻ്റെ നടന്നാലും നട്ടലിലും സൂപ്പ് വെച്ച് കഴിക്കും പിന്നെ ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കി കഴിക്കും അതേ സമയത്ത് പിന്നീട് രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഒട്ടുവളരെ ഇടപെടലുകൾ നടന്ന ഗർഭാശയത്തിൽ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പെരിങ്ങലത്തിൻ്റെ പേര് അരി ചേർത്തരച്ചൊരു പതിനൊന്ന് ദിവസമെങ്കിലും അപ്പം ചുട്ടു തിന്നും ഇത് വളരെ ഫലപ്രദമായ ഒന്നായിരുന്ന കാലങ്ങളിലാണ് സ്ത്രീകളിൽ അർബുദ കോശങ്ങളുടെ വളർച്ച പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയും പ്രാചീന ജീവിത അന്ധവിശ്വാസമാണെന്ന് പരക്കെ ആക്ടിവിസ്റ്റുകൾ പ്രചരിപ്പിക്കുകയും ആയുർവേദം ആധുനിക വൈദ്യശാസ്ത്രത്തിന് സമമായ പതോളജിയും ഫിസിയോളജിയും ഒക്കെയായി പിഷഗുരന്മാർ പഠിച്ചു വശാവുകയും വൈദ്യശാസ്ത്ര സംബന്ധമായ ജീവിത നിന്ന് വൈദ്യശാസ്ത്രം അകലുകയും ചെയ്തതോടുകൂടി ഇത്തരം പ്രയോഗങ്ങളെല്ലാം കേരളം മറന്നുപോവുകയും ഒരു മുപ്പത് കൊല്ലമായി സ്ത്രീ ജീവിതം ഒരു നരകയാതനയായി മാറുകയും ഒരു കുട്ടിയെ മാത്രം പ്രസവിച്ചു കഴിഞ്ഞു പോലും മാരകമാംവിധം ഇമ്മാതിരി രോഗങ്ങൾക്ക് വിളനിലമായി സ്ത്രീ ശരീരം മാറുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇത് വളരെ നിർണായകമാണ് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരൗഷധമാണ് ഒരു പേരൻ പെരിങ്ങലമെന്നൊക്കെ അറിയപ്പെടുന്നത് ഇതെ മാത്രമല്ല ഉപയോഗിക്കുന്നത് ഒട്ട് വളരെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു തണിലരച്ച് പാലിൽ കഴിച്ചാൽ പമ്പിന്റെ ഭക്ഷണം സ്തംഭിക്കും അതിന്റെ ഇലയരച്ച് പിഴിഞ്ഞ നീര് കാലിന്റെ വലുവലിൽ ഒഴിച്ചാൽ മൈഗ്രെയിൻ പോവും അത് കഷായം വെച്ച് കുടിച്ചാൽ വൈറൽ ഫീവറുകളെല്ലാം പോവും എലിപ്പനി ഉൾപ്പെടെ ഇലയോ വേരോ സമൂലമോ എല്ലാം നല്ലതാണ് എല്ലാം നല്ലതാണ് അതിൻ്റെ വേരിന്മേൽത്തൊലി അരച്ചു കൊടുത്താൽ ലിംഫോ ബ്ലാസ്റ്റിക് ലുഗിമിയിലെ ബ്ലാസ്റ്റുകൾ വളരെ ഫലപ്രദമാണ് ഇതെല്ലാം ഒരു തൊണ്ടുപേപ്പറിൽ പോലും എഴുതാതെയാണ് വിദ്യാസമ്പന്നരല്ലാതിരുന്ന കേരളത്തിലെ വെല്ലിമ്മമാർ ഇത് മുഴുവൻ ഉപയോഗിച്ച് മക്കളെ വളർത്തിയത് കേരളത്തിലെ പെണ്ണുങ്ങളിൽ ഒരുപാട് പഠിച്ചു ഒരുപാട് ആഡംബരവുമണിക്കും ഒരുപാട് തിന്നു കുടിച്ചു നാടും കുടിച്ചു ഒരു ജന്മം കൊണ്ടെന്തെങ്കിലും പ്രയോജനമുണ്ടായി എന്ന് പറയാനുണ്ടെന്ന് തോന്നുന്നുമില്ല എന്നാൽ സഹിക്കുവോ സമ്മതിക്കോ എന്നെനിക്കറിയില്ല നിനക്ക് ഇഷ്ടമാവുമെന്നും എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ പൂർവികരോട് ചെയ്യുന്നൊരു മര്യാദയേടാവും എനിക്ക് തോന്നുന്നു ഇവിടത്തേക്ക് ഞാൻ പറയേണ്ടതാണെന്നാണ് എൻ്റെ ധർമ്മം ശരിയായിട്ട് നിങ്ങൾ അംഗീകരിക്കുമെന്നു തോന്നുന്നില്ല ഏതാണ്ടൊക്കെ പഠിച്ചു എന്നുള്ള കുറെ അലങ്കാരമല്ലാതെ മക്കൾക്കോ നാടിനോ നാട്ടുകാർക്കോ ആരോഗ്യത്തിനോ എന്തെങ്കിലും ഇരുപ്പ് മുതൽ കയ്യിലുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് പെരിങ്ങലം വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ക്യാൻസറിൻ്റെ തേക്കിൻ്റെ തൊലി ശർക്കര അർബുദത്തിൽ അതായത് മുഴകളായി വരുന്ന അത് പലപ്പോഴും പല ശരീരഭാഗങ്ങളിലും മണലു വാരിയിട്ടതുപോലെ കാണപ്പെടുകയും ചിലപ്പോൾ പഴുത്തുപൊട്ടുകയും ഒക്കെ ചെയ്യുന്ന ക്യാൻസർ രോഗം ഡിറ്റക്ട് ചെയ്ത ആദ്യകാലങ്ങളിൽ ശർക്കരാർബുദത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പത്തിൽ നിന്നാണ് ശരീരത്തിൽ മറുകൊണ്ടേ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയത് അതിപ്പോൾ ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഏ വലിയ അപകടം മറുകല്ലത് ഇത് ശർക്കരാർബുദമാണ് അതായത് ദേഹത്ത് മണൽ വാരിയിട്ട പോലെ ഇരിക്കും അവിടെ അത് അർബുദ കലകളായി രൂപാന്തരം പ്രാപിക്കാം ഇടയ്ക്കും പുഴയ്ക്കുകയോ കൊണ്ടോചിച്ച് ഭാഗ്യമായിട്ടൊന്നും ജനത്തിനുകൊണ്ട് കൊടുക്കരുത് പാലന്തലൊന്നുമില്ലാതെ സ്വഭാവം പോലൊക്കെ കൊടുക്കരുതെന്നാണ് അവര് അപ്പോ അങ്ങനെയുള്ള ശർക്കര അർബുദത്തില് അത്യന്തം ഫലപ്രദമാണ് തേക്കിന്റെ തൊലി കോശങ്ങൾക്ക് പൊള്ളലേൽക്കുമ്പോൾ തേക്കിന്റെ കുരുന്ന് പോലെ പറ്റിയൊരു സിദ്ധൌഷം വേറെയില്ല ഇത് കഴിഞ്ഞ് കെമിസ്ട്രി പഠിക്കുന്നത് എത്ര രസാവഹമായിട്ടായിരുന്നു പഴയ ആളുകളെന്ന് ആലോചിച്ച് നോക്കണം തേക്കിന്റെ കുരുന്ന് എണ്ണ കാച്ചു വെക്കുമായിരുന്നു പൊള്ളലിൽ പരട്ടാൻ തേക്ക് പൂത്തു നിൽക്കുമ്പോൾ തേനിച്ച് എടുക്കുന്ന എണ്ണ നന്നായി ചുവ തേനെ നന്നായി ചുവന്നിരിക്കും ആ തേൻ ഒരു തുള്ളി വീണാൽ പൊള്ളൽ പോവും തേൻ പൊള്ളലിന് നല്ലതാണെങ്കിലും റബ്ബറിൻ്റെ തലയിൽ നിന്നെടുക്കുന്ന തേനിന് ശക്തി കുറയും റബ്ബർ വന്നതോടുകൂടി പലപ്പോഴും റബ്ബറാണ് തേനിൻ്റെ ആധാരം ദൈവ ദിനത്തിന് ഈ വർഷം റബ്ബറിൽ തേൻ ഇല്ല പ്രകൃതി പറ്റിച്ചതുകൊണ്ട് ഈ വർഷം പൂക്കളിൽ നല്ല തേനിൻ്റെ തേൻ അതിൻ്റെ മുന്നിയിൽ നിന്നാണ് ആ മൂന്നില കൂടുന്ന മുന്നിയിലാണ് തേൻ തേങ്ങ അവിടെ ഒഴിച്ച തേൻ തുള്ളി വരും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് തേനീച്ച തേൻ എടുക്കുന്നത് പൂവിൽ നല്ല റബ്ബറിൻ്റെ തേൻ എടുക്കുന്നത് ആ പൂക്കളിൽത്തവണ കുറവായിരിക്കും ണ്ടാവും ചെറിയ കമർപ്പുണ്ടാവും തേക്കിൻ്റെയാണ് ഏറ്റവും ഉത്തമമായത് തേക്കിന്റെ തളിരല ആ പൊള്ളലിന് എണ്ണ കാച്ചി ഉപയോഗിക്കും തേക്കിന്റെ തളിരലയുടെ കൂടെ തീപ്പന്ന എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് കേട്ടിട്ടുണ്ടോന്നറിയില്ല വേലിയിലൊക്കെ പടന്നു കിടക്കുന്ന വള്ളിയായിട്ട് പോകുന്ന മൂന്നുനാലല കൂടിയിട്ട് ഇത് വള്ളിയായിട്ട് പോകും നല്ല കട്ടിയുള്ള വള്ളിയാണ് പിന്നെ തീപ്പണ്ണ എന്ന് പറയുന്നത് അത് പച്ചയ്ക്ക് കത്തും അതുകൊണ്ടാണ് അതിന് തീപ്പണ്ണ എന്ന് സാധാരണ വള്ളി കൂടുതൽ വളർന്നു പിടിച്ചാൽ കാട്ടു തീ ഉണ്ടാകാൻ വല്ല പിഴിയും വലിച്ചിട്ടാൽ ആ പച്ചയ്ക്ക് അത് കത്തും അതിലൊരു എണ്ണയുണ്ട് അതും പൊള്ളലിന് വളരെ നല്ലൊരു ഔഷധമാണ് തേക്കിൻ്റെ കുരുന്നും തീപ്പണ്ണയും ചമ്പനടക്കയും കോശത്തിനേക്കുന്ന പൊള്ളലിനെ കളയുവാൻ ചമ്പൻപാക്ക് എന്ന് പറയും കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല പൈങ്ങ അതും കൂടി വെന്തെണ്ണയെടുത്തുകൊടുക്കും പൊള്ളലിൽ അത്യത്ഭുതകരമായ ഒരു ഔഷധമാണ് കോശങ്ങൾക്ക് പൊള്ളലിരിക്കുന്നത് പോലെ വരുന്ന ഒന്നാണ് ശർക്കര അർബുദം തേക്കിന്റെ കുരുന്നും തേക്കിന്റെ കായും തേക്കിന്റെ തൊലിയും അത്യുത്തമമാണ് തേക്കിന്റെ തൊലി തൈരിൻ വെള്ളത്തിൽ അരച്ചു പുരട്ടിയാൽ ശർക്കര അർബുദം പോവും വളരെ ഫലപ്രദമാണ് തേക്കിന്റെ കായ പാലിൽ അരച്ച് കഴിച്ചാൽ സ്റ്റോൺ പോവും അതും ഇതേ പ്രിൻസിപ്പിളിലാവും ത്വക്കിലുള്ള കലകളായി രൂപാന്തരപ്പെട്ടോ രക്തത്തിൽ രൂപാന്തരപ്പെട്ടോ മജ്ജയിൽ രൂപാന്തരപ്പെട്ടോ ചെറിയ വിദ്രഥികളായിത്തീരുന്ന ശർക്കര അർബുദങ്ങൾ ഉള്ളിലുണ്ടായാലും തേക്കിന്റെ കുരു പാലിലരച്ച് കഴിച്ചാൽ പോകും ഒരച്ചെടുക്കണം അല്ലെങ്കിൽ കല്ലിൽ ഇടിച്ചുപൊടി ചരയ്ക്കണം പെട്ടെന്ന് പോവും അത് അത് കഴിച്ചാലും മതി മൊത്തം അരയ്ക്കുന്നത് കുരു മൊത്തായിട്ടങ് അരച്ച് കഴിച്ചാൽ അപ്പോഴ സ്റ്റോണൊക്കെയാണെ അന്ന് വൈകുന്നേരത്തെ അലത്ത് പോവും വളരെ എഫക്റ്റീവാണ് തൈരിൻ വെള്ളത്തിൽ തേക്കിൻ തൊലി അരച്ച് പുരട്ടിയാൽ തന്നെ ശർക്കര അർഭുതം പോവും ഇരുമുള്ള എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് ചെടികളുണ്ടാവും ഇരുമുള്ളും പറയുമെന്ന് തോന്നും അതിന്റെ തൊലി അതിന്റെ കാതൽ ഇത് രണ്ടും നല്ലതാണ് നല്ലത് കൂടുതൽ കാതലാണ് ഇരുമുള്ളിന്റെ കാതൽ തൈരിൽ അരച്ച് പുരട്ടിയാലും ശർക്കര അർബുദം പോവും വളരെ ഫലപ്രദമാണ് തേറ്റാമ്പരൽ കാടിയിലരച്ച് തേച്ചാൽ അർബുദ സംബന്ധികളായ വ്രണങ്ങൾ ഉൾപ്പെടെ പോകും ശർക്കര അർബുദം ഞമ എന്ന് പറഞ്ഞൊരു പുല്ലുണ്ട് കണ്ടിട്ടുണ്ടോന്നറിയില്ല ചില സ്ഥലങ്ങളിൽ അമ എന്നും പറയും അല്ല ദർഭ വരി ഇങ്ങനെയൊക്കെ പുല്ലുകളുണ്ട് ആ അതുപോലെ ഇരിക്കുന്നതാണ് ഞമ അതിനോട് കഷ്ടിച്ച് സാദൃശ്യം ഇല്ല ഞമ എന്ന് പറയും ആ ഞമയുടെ പേര് മണ്ണിൽ പൊതിഞ്ഞ് ചുട്ട് തൈര് വെള്ളത്തിലരച്ച് ചേർത്താൽ ആ തൈരിന്റെ വെള്ളത്തിലരച്ച് തേച്ചാൽ അപ്പോഴും ശർക്കര അത്ഭുതം പോവും ഞമ പേര് അത്യുത്തമ പറയും ഞമ എന്നും പറയും ഞമ പഴയ പേര് അതായത് മുള ഈറ്റയോട് സാദൃശ്യോളായി മുളയൊക്കെ പുല്ല് തന്നെയാണ് പുല്ല് തൃണവർഗത്തിൽ പെട്ടതാണ് മുള ഈറ എല്ലാം അതെല്ലാം തൃണവർഗങ്ങളാണ് ആ കൂത്തമ അതിന് ചുട്ടിന്ന് ആ വേര് കൊത്തിയെടുത്ത് ഞമ വേര് അത് മണ്ണിൽ പൊതിഞ്ഞു ചുട്ട് അത് കാഴിയിലരച്ച് പുരട്ടിയാൽ തൈരിൻ വെള്ളത്തിലായാലും നല്ലതാണ് കാഴിയിലും നല്ലതാണ് സാധാരണഗതിയിൽ ശർക്കര അർപ്പ് കമ്പോ തൈര് വെള്ളം എന്ന് പറയുന്നത് തൈര് കുറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോ താഴെയോ കിടക്കുന്ന വെള്ളം തന്നെ എടുത്താണ് കുടകപ്പാലേരി വളരെ കൈപ്പുള്ള ഒരു സാധനമാണ് ചതകുപ്പ ചതുപ്പ എന്നാണ് നാടൻ ഭാഷ രണ്ടും ഗോമൂത്രത്തിൽ അരച്ചു തേച്ചാലും അർബുദം പോവും മുഴകളിലൊക്കെ ഫലപ്രദമാണ് തേറ്റാം വരല് കാഴിയില് അരി കഴുകിയ വെള്ളത്തിൽ അരച്ച് തേറ്റാമ്പരൽ മോരിൽ കഴിച്ചാല് പ്രമേഹം പോവും തേറ്റാമ്പറില് ശുദ്ധി വേണം തേറ്റാമ്പരൽ അരച്ച് മോരിൽ കഴിച്ചാൽ പ്രമേഹം പോവും തേറ്റാമ്പരൽ അരച്ച് കരിക്കൻ വെള്ളത്തില് തേറ്റാമ്പരല് തലേ ദിവസം കരിക്കിൻ വെള്ളത്തിലിട്ട് വെച്ച് അടുത്ത ദിവസം രാവിലെ ആ കരിക്കും വെള്ളത്തിൽ അരച്ച് കരിക്കിൻ വെള്ളം കുടിച്ചാൽ ൂറിയ പോവും മൂത്രം തെളിയും ആൽബമിനൂറിയ കംപ്ലീറ്റ് പോവും മൂത്രത്തിൽ പഴുപ്പ് പോവും യൂറിനറി ഇൻഫെക്ഷൻഫെക്ഷൻ ഉൾപ്പെടെ യു ടി ഐ ഉൾപ്പെടെ ഒരു കായ മതി തേറ്റാം പരില് കിഴികെട്ടി വെള്ളത്തിലിട്ടാൽ കലങ്ങിയ വെള്ളം തെളിയില്ല അത് അതേ പണി തന്നെയാണ് ഇത് കഴിച്ച ശരീരത്തിൽ സംഭവിക്കുന്നത് വീട്ടുകാരി തകർത്തോട്ട് കഴിച്ചാൽ മൂത്രത്തിന്റെ നിറവും മൂത്രത്തിന്റെ പഴുപ്പും മൂത്രത്തിലെ പ്രശ്നങ്ങളും ഒക്കെ തെളിഞ്ഞു വെളുത്ത മൂത്രമായി വരുന്നത് പോലെ തന്നെയാണ് കിണറ്റിലേക്ക് എത്തിയിട്ടല്ല അവിടെ തെളിയുന്നത് ഏസ്റ്റാൻസാണ് കെട്ടിട്ടടുത്തും കളഞ്ഞാ മതി കംപ്ലീറ്റ് തെളിയുമ്പെടിയ അച്ചട്ടായിട്ടുള്ള പ്രയോഗങ്ങളാണ് ഇതിനൊന്നും പഴവും പറ്റിയല്ല ഇതിനൊക്കെ തടസ്സമുള്ളത് നിങ്ങളുടെ വിദ്യാഭ്യാസവും പണവുമാണ് വേറെ തടസ്സമൊന്നും ഒറ്റ ദിവസം ഇട്ടാൽ മതി പിന്നെ പിറ്റേ ദിവസം മണിക്കൂർ പിറ്റേ തേറ്റാമ്പരൽ കാടിവെള്ളത്തിലരച്ച് പുരട്ടിയാൽ അർബുദം പോവും ക്യാൻസർ തേറ്റാം വരൽ മോരിൽ അരച്ച് കഴിച്ചാൽ പ്രമേഹം പോവും തേറ്റാമ്പരൽ കരിക്കിൻ വെള്ളത്തിലിട്ട് വെച്ച് അരച്ച് കഴിച്ചാൽ ആൽബുമൂറിയ നെഫ്രോട്ടിക് സിൻഡ്രോം നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞു ഇതുണ്ടും അങ്ങനെ ഇതിനൊക്കെ നല്ലതാണ് ഈ സാധനം പഴയ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇന്നിപ്പം തേറ്റാമ്പരലിൽ കണ്ടാൽ തന്നെ അറിയില്ല പൊടിക്കാനും പൊടിക്കാനൊന്നും എളുപ്പമല്ല കുതിർത്തിട്ടേ പൊടിക്കാവൂ പള്ളവറൈസറൊക്കെ കൊണ്ടുപോയി ഒരു കിലോ തേറ്റാമ്പരലിട്ട് പൊടിക്കാം ഒരുങ്ങിയാൽ തട്ടിപ്പോകും പള്ളവറൈസർ ടീ വിഴും തേറ്റാമ്പരലിന് മിക്സിയിലടിച്ചു പൊടിച്ചാൽ ബ്ലേഡ് മുഴുവൻ പോവും അതുകൊണ്ട് കുതിർക്കണം ചെറുതായി കുതിർത്തിട്ട് പൊടിച്ചാൽ പോയി തേറ്റാമ്പരലും അർബുദത്തിനല്ല തേറ്റാമ്പരലും ഉലുവയും കൂടെ മോരിൽ പുഴുങ്ങും വറ്റിക്കും വന്നിട്ട് പഴയ വീടുകളില് പ്രമേഹലക്ഷണം വീട്ടിൽ ആർക്കെങ്കിലും കണ്ടാൽ ചെയ്യുക ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ മോര് മേടിച്ചോണ്ട് അതിനകത്തേക്ക് ഒരു നാല് കിലോ അഞ്ച് കിലോ ഉലുവയും അതിൻ്റെ പകുതി രണ്ടര കിലോ തേറ്റാമ്പല്ലും കൂടിയിട്ട് പുഴുങ്ങും എന്നിട്ട് ആ മോര് വറ്റ് നല്ല അപ്പം നല്ല കാളം വെക്കുന്ന മണം വരും ഈ ഉലുവെന്തു വരുമ്പോൾ മനസ്സിലായില്ല പറ്റിക്കഴിഞ്ഞാൽ വെയിലെത്തിട്ട് ഉണങ്ങും എന്നിട്ട് കൊണ്ടുപോയി നല്ലപോലെ പൊടിയും ശീലപ്പൊടിയായി അതിലൊരു ടീസ്പൂൺ വീതം കഴിച്ചാൽ ഏത് ഒടുങ്ങാത്ത പ്രമേഹവും കൊടുങ്ങും ഏത് വയസ്സിലുള്ള മതി ഒരു സ്പൂൺ വീതം മൂന്നു നേരം കഴിക്കാതി നാളൊന്നും അല്ലല്ല പ്രശ്നം രോഗം മാറുന്നല്ലേ വളരെ വേഗത്തിൽ മാറുന്നു ഏ എന്തിന് വേണേലും കഴിക്കാം മോരിൽ കഴിക്കാം പാലിൽ കഴിക്കരുത് കാരണം മോരിൽ പറ്റിച്ചതായത് മോരിൽ കഴിക്കാം കതളി വാഴയുടെ കാമ്പിൻ്റെ നീരി കഴിക്കാം തന്നെ മറ്റേ ഇതിൻ്റെ കീഴാർനെല്ലിയുടെ ജ്യൂസിൽ കഴിക്കാം ചിറ്റമുറദിൻ്റെ നീരി കഴിക്കാം ഡയറക്റ്റ് ചൂടുവെള്ളത്തിൽ കഴിക്കാം ഇങ്ങനെയൊക്കെ കഴിക്കാം വന്നെങ്കി കഴിച്ച പാരമ്പര്യം ഉള്ളതുകൊണ്ട് പ്രമേഹം വരണമെന്നില്ല പ്രമേഹം പാരമ്പര്യ രോഗമല്ല മുൻപുള്ളവർക്കുണ്ടെങ്കിൽ നിങ്ങളെ ബേക്കറിയൊക്കെ തിന്നാൽ അവർ അതങ്ങ് ഒഴിവാക്കിയാ പാരമ്പര്യമായിട്ട് അതേ വൃക്ഷത്തിൻ്റെ അതേ റൂട്ടിൽ വന്നെങ്കിൽ മാത്രമേ വരു അതൊക്കെ സാധ്യല്ല അതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാരമ്പര്യവാദികളായ ഡോക്ടർമാരെ പോയി കണ്ടിട്ട് അതായത് പാരമ്പര്യമാണ് ഈ രോഗമെന്ന് പറയുന്ന ഡയബട്രോളജിസ്റ്റിനെ കണ്ടിട്ട് ആദ്യം വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളുടെയും പാരമ്പര്യം വരച്ച് രോഗം വരുവോ വരികലോ എന്ന് എഴുതി വെക്കുക എന്നിട്ട് അവർ വരച്ചിട്ട് വരികയില്ലാന്ന് പറഞ്ഞിടത്ത് വരികയാണെങ്കിൽ വരുമെന്ന് പറഞ്ഞിടത്ത് വരാതിരുന്നാൽ ചെന്നിട്ട് ചോദിക്കുക അപ്പൊ വന്നു കഴിയുമ്പോൾ അവര് വരച്ചൊപ്പിക്കുകയാണ് ചെയ്യുന്നത് മനസിലായില്ല കുറച്ചു കാലം സർവീസിലുണ്ടായിരുന്നില്ലേ ഈ തട്ടിപ്പൊക്കെ കുറച്ചറിയത്തില്ലേ അപ്പൊ ഈ തട്ടിപ്പൊക്കെ കുറച്ചറിയത്തില്ലേ കണ്ടുകൊണ്ടിരുന്നിട്ടില്ലേ ഏ അതൊക്കെ വന്നു കഴിയുമ്പോ ഞങ്ങള് പേന ആ വഴിക്കൊക്കെ വരയ്ക്കും അതുകൊണ്ട് വരുമെന്നോർത്ത് പേടിക്കണ്ട വന്നാൽ അന്നേരം ഫേസ് ചെയ്യാം തുടൽ അറ്റും പോയി നദി വറ്റിയും പോയി എങ്കിൽ കടി പറ്റിയത് തന്നെ എന്ന് പറഞ്ഞ് കണിയാൻ പുടയോടെ പോലെ നിക്കണ്ട തൊടല് പൊട്ടിയെങ്കിൽ അന്നേരം നോക്കാം നദി വറ്റിയെങ്കിൽ അന്നേരം നോക്കാം മനസിലായില്ല അങ്ങനെയല്ല ഇതൊരു കണിയാൻ ഒരു വഴിക്ക് പോവാണ് അപ്പം നദിയുടെ അങ്ങേക്കരയെ കൂടിയാ പോകുന്നു നദിക്ക് അക്കരെ ഒരു വീടിന്റെ മുറ്റത്ത് ഒരു തൊടലൊരു പട്ടി കിടക്കുന്നുണ്ട് അത് ചാടി കുറയ്ക്കുന്നു അപ്പൊ കണിയാൻ ആലോചിച്ചു കണിയാൻ ആയതുകൊണ്ട് ഈ ഭാവിയെ പ്രവചിക്കുന്ന ആളായതുകൊണ്ട് ആലോചിച്ചു പട്ടിയുടെ തൊടല് പൊട്ടുകയുമാണ് ഈ നദി പറ്റുകയുമാണെങ്കിൽ എനിക്ക് കടികിട്ടിയത് തന്നെ അതിന് നേരത്തെ തന്നെ കുട ഒടിച്ച് വടിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ കുട നഷ്ടപ്പെട്ടു അല്ലാതെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏതായാലും വേണ്ട നമുക്ക് അരി മുരിങ്ങ അരി മുരിങ്ങയുടെ വിത്ത് ഇത് വളരെ ദിവ്യമായ ഔഷധം ഇതൊക്കെ ബ്രെയിനിൽ വളരെ ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് ബ്രെയിനിൽ ഉണ്ടാക്കും എന്നുള്ളത് ഓട്ടിസത്തിന് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് അവസ്മാരത്തിനൊക്കെ മുരിങ്ങയുടെ വിത്തും അല്പം കുരുമുളകും വേണമെങ്കിൽ അല്പം പീനാറി മുരിങ്ങയുടെ വിത്ത് മാത്രമായാലും മതി പൊടിച്ചിട്ട് അല്പല്പം മൂക്കിൽ വലിക്കാൻ കൊടുത്താൽ അവസ്മാരം ഉന്മാദം ഒക്കെ പോകും അല്പം പീനാറി ആര്യ പീനാറി പീനാറി അല്ലെങ്കിൽ പൂതി ഉണർത്തി അതൊരല്പം പൊടിച്ച് ഇത് മൂന്നുള്ള പൊടിച്ചു വെച്ചിട്ട് ഒരു നുള്ളു വീതം വലിച്ചാല് ഓർമ പോയ തരംഗങ്ങൾക്കൊക്കെ ഓർമ്മ കിട്ടും ട്യൂമറുകളൊക്കെ സബ്സൈഡ് ചെയ്യും അതുകൊണ്ട് മുരിങ്ങ ബ്രെയിനിൽ തന്നെ ആക്ഷൻ ഉള്ളതാണ് മുരിങ്ങയുടെ ഏറ്റവും ശക്തമായ പ്രവർത്തനം മുരിങ്ങക്കുരുവിൻ്റെത് ലൈംഗിക ഹോർമോണുകളിലാണ് കുട്ടികളില്ലാത്തവർക്ക് മുരിങ്ങക്കുരു ഒടിച്ച് വച്ച് പാലിൽ കൊടുത്താല് ബീജ സംസ്കരണ ശേഷി കൂടുതലുണ്ടാവും കേരളത്തിൽ സാധാരണഗതിയിലെ മുൻകാലങ്ങളിൽ കുട്ടികളില്ലാതെ വരാറില്ല അതിന് കാരണം പ്രധാനമായും പ്രധാനമായും അതിനെ കാരണമായി തീർന്നിട്ടുള്ളത് ഒന്ന് തെങ്ങ് രണ്ട് വെണ്ട മൂന്നും മുരിങ്ങ ഇത് മൂന്നും പിന്നെ കദളി വാഴി ഇതിലേറ്റവും ഫലപ്രദമായതാണ് തേങ്ങ തേങ്ങ നല്ലവണ്ണം കഴിച്ചാൽ പൗരുഷം മുതലായവയൊക്കെ കൂടും ആർത്തവം മുതലായവയൊക്കെ കൃത്യമാവും ഉദര രോഗങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല നാളികേരക്ഷാരം നാളികേര ലവണം ഇവയൊക്കെ കഴിഞ്ഞേ ഉദരത്തിന് മരുന്നുള്ളൂ നിത്യവും നാളികേരം ഉപയോഗിച്ചിരുന്ന കാലങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുമ്പൊരു പ്രയോഗം ഉണ്ടായിരുന്നു നാളികേരം സുടും കണ്ടിട്ടില്ല േരം ചിരട്ടയോടുകൂടി ചുട്ടെടുക്കും ചിരട്ട കത്തി തീർന്നാൽ ചിരട്ടക്കകത്തിരുന്ന് ഒരുമാതിരി കത്തിയ തേങ്ങ എടുത്ത് വാളംപുളിയോ കൊടംപുളിയോ അത് അമ്മമാർക്കറിയാം വാളംപുളി ചേർത്ത് അരയ്ക്കും ചുട്ട് ചമ്മന്തി അരയ്ക്കുക എന്ന് പതിവായി വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ കഞ്ഞിയും തേങ്ങാചുട്ട ചമ്മന്തിയും കഴിച്ചിരുന്ന കാലങ്ങളിൽ ധാരാളം ചേമ്പും ചേനയും ഒക്കെ കഴിച്ചിട്ടും കേരളീയരുടെ ഇടയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നില്ല നല്ല സ്വാദ് ഭക്ഷണത്തിന് കിട്ടിയിരുന്നു രുചി ഇന്ന് എൺപത് ശതമാനം പേർക്കും ായ്മ കൊടംപുളി ഉപയോഗിക്കുമ്പോൾ ലിവർസ് റോസസ് ഉണ്ടായിരുന്നേയില്ല തേങ്ങയുടെ കൂടെ ചിലരെങ്കിലും ഈ തേങ്ങ ചുട്ട് ഉളിയിലയും ചേർത്ത് ചമ്മന്തി അരയ്ക്കുമായിരുന്നു പുളിയുടെ തളിരല ചേർത്ത് ചില കുടുംബങ്ങളിലെങ്കിലും പുളിയുടെ തളിരല തേങ്ങാ തിരുമ്മി എടുത്ത് മുളക് ചേർത്തരച്ച് ഈ ഇലയിൽ പൊതിഞ്ഞ് കനലിൽ ചുട്ടെടുക്കുമായിരുന്നു അങ്ങനെ എടുക്കുമായിരുന്നു കലം പൊള്ളിച്ച് അകത്തുനിന്ന് എടുക്കുമായിരുന്നു ഇതൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പെണ്ണുങ്ങൾ വീട്ടിലുണ്ടാവണം നല്ല തള്ളമാർ വിചനിക്കണം പുളിയിലേക്ക് കിട്ടും വീടുകളിൽ തള്ളയ്ക്ക് ജനിക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടായതോടുകൂടി പറ്റിയതാണ് തന്തയ്ക്കെന്ന് പറയുന്നത് മോശമല്ലേ അല്ലെങ്കിൽ നാരുകൂടും പുളിയൊക്കെ മൂത്തയിലേക്കും ഉണ്ടാവും പക്ഷെ അരച്ചെടുക്കുമ്പോൾ നാരുകൂടും ഒക്കെ സ്റ്റോൺ പോകാൻ നല്ലതായിരുന്നു ആർത്തവം തേങ്ങയും പുളിയിലും വളരെ ബെസ്റ്റാണ് ഗർഭാശയ രോഗങ്ങളെ മുഴുവൻ കളയാൻ വാളംപുളിയും പുളിയിലയും പുളിയുംകുഴമ്പും എല്ലാം ബെസ്റ്റാണ് അർത്ഥവും താമസിച്ചാൽ അമ്മമാർ വണ്ടി എതിരുന്നത് വാളംപുളി പിഴിഞ്ഞ് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കുമായിരുന്നു ഒന്നും കേട്ടിട്ടില്ല ഇതൊന്നും കേട്ടിട്ടില്ല ീ എവിടെ ജനിച്ചോ എന്തിനു ജനിച്ചോ എന്താ പറയേണ്ടതിരിക്കുന്നത് ഏ ഏ ഒരു പാഴ് ജന്മം അതുകൊണ്ട് പഴയ ആളുകള് ഇത് വളരെ ഉപയോഗിച്ചിരുന്നു അതില് ഫലപ്രദമായി ഉപയോഗിക്കുന്ന മുരിങ്ങ മുരിങ്ങ സമൂലം മരുന്നാണ് മുരിങ്ങയിൽ മരുന്നല്ലാത്ത ഒന്നുമില്ല മുരിങ്ങ കൊത്തിവെച്ച കറ ചുവന്നിരിക്കും കറ അത് ഉണങ്ങിപ്പൊടിച്ചു വെക്കും വീടുകളിൽ പണ്ട് ഒരു തരിയെടുത്ത് തേനി ചാലിച്ചു കൊടുത്താൽ എസ് ടിഒി എസ് ഡി പി ടി മൂന്ന് ദിവസം കൊണ്ട് നോർമലാകും സ്പ്ലീനിന്റെയും ലിവറിന്റെയും പ്രശ്നങ്ങൾ മുഴുവൻ മാറും മുരിങ്ങയുടെ വടക്കോട്ട് പോയ വേരിന്റെ നീര് ഒരു ടീസ്പൂൺ കൊടുത്താൽ അപചി പ്ലീഹോദരം എല്ലാം നിന്ന് നിൽപ്പി നിൽക്കും മുരിങ്ങയിലെ ഒരുപിടി പ്ലേറ്റിലിട്ട് ചൂടോറ് വിളമ്പി തിരുമിയുണ്ടാൽ പ്രഷറ് നോർമലാകും പെട്ടെന്ന് നോർമലാകും ചിലർക്ക് വയറിളകും അപ്പൊ സൂക്ഷിക്കണം കാരണം പ്രഷർ ഡൗൺ ആകും അപൂർവം ചിലർക്ക് വയറിളകും അപ്പോൾ തീരുമാനിക്കണം ബി പി ഡൗൺ ആകുന്നു എന്ന് കാണണം ചെക്ക് ചെയ്തോണം മുരിങ്ങക്കാ മുരിങ്ങക്കുരു എല്ലാം ദൃശ്യമാണ് വാചീകരണമാണ് പൗരുഷ വർദ്ധകമാണ് നല്ലതാണ് ആധുനിക വൈദ്യശാസ്ത്രം വന്ന് വിദേശ രാജ്യങ്ങളുമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിക്കഴിഞ്ഞ് ഇന്ത്യയിലും നിരോധിച്ചിട്ടുള്ളതായ ആഹാര ലിസ്റ്റ് എടുത്താൽ അവയിൽ പലതും കുട്ടികൾ കുട്ടികൾക്ക് ആരോഗ്യമില്ലാതിരിക്കുവാനോ വേണ്ടി മാത്രമുള്ളവയാണെന്ന് കാണാം തേങ്ങ കേരളത്തിൽ നിരോധിച്ചത് ജനസംഖ്യ കുറയാൻ വേണ്ടി മാത്രമാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ആരോഗ്യം തകർക്കുന്നതിന് വേണ്ടി മാത്രമാണ് തേങ്ങയെയും എണ്ണയെയും ഇന്ത്യയിലെ ബുദ്ധിജീവികൾ നിരോധിച്ചത് നിനക്ക് മനസ്സിലാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിൽ ഉത്തമ സന്താനങ്ങൾ പറന്നിരുന്നത് തേങ്ങാ ധാരാളം ഉപയോഗിച്ച കാലങ്ങളിലാണ് പ്രത്യേകിച്ച് കേരളത്തിലെ നായന്മാരും വീഴ് വരും അന്തിയായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് കുറേ അരിയെങ്കിലും വളർത്ത് കപ്പയോ അരിയോ വളർത്ത് വെടലത്തേങ്ങ കൊത്തി തിന്നുമായിരുന്നു അതുകൊണ്ട് തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ വെടലനായന്മാരെന്ന് പറയുന്നത് ഒരു വിഭാഗം തന്നെയായിരുന്നു ശരിയല്ല ഒന്നും കഴിയില്ല വഴക്കുണ്ടാക്കുമ്പോൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ നോക്കി വിളിക്കുമെന്നാണ് ആരെങ്കിലും ഇടയ്ക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്നോട് പൊഴുക അത് കേരളത്തിന്റെ പ്രത്യേകതയെ അതിന് കാരണവന്നത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തിനും പുരുഷന്മാരുടെ ആരോഗ്യത്തിനും ഏറ്റവും സംഭാവന ചെയ്തിട്ടുള്ളതും ഉദരങ്ങളെ രോഗമില്ലാതെ പരിപാലിച്ചു പോന്നിട്ടുള്ളതും ആഹാരത്തിൽ രുചിയുണ്ടാക്കിയിരുന്നതും വയറു നിറച്ച് ആഹാരം കഴിച്ചിരുന്നതും കൊളസ്ട്രോൾ ഇല്ലാതാക്കിയിരുന്നതും തേങ്ങ തന്നെയാണ് ഇപ്പൊ അടുത്ത കാലത്ത് എന്നിട്ട് പറഞ്ഞത് മുലപ്പാലിന് തുല്യമാണ് അതുകൊണ്ട് ആരോഗ്യമുള്ളവൻ പോയി ഇതൊക്കെ എഴുതി പിടിച്ചവൻ പിടിപ്പിച്ചവന്മാരെ തല്ലേണ്ടതാണ് നിനക്കത് ഇല്ലാത്ത കൊണ്ട് പിന്നെ പേടിയ അതുകൊണ്ട് തേങ്ങ പോലെയാണ് മുരിങ്ങക്കായ് കേരളത്തിന്റെ ആരോഗ്യ സംഭാവനയിൽ ക്യാൻസർ രോഗം വരാതിരിക്കുന്ന ഒരു ആഹാര രീതി കേരളീയർക്കുണ്ടായിരുന്നു മുരിങ്ങക്കായും ചക്കക്കുരുവും തേങ്ങയും കേരളത്തിന്റെ അടുക്കളയെ സമൃദ്ധമാക്കിയിട്ടുള്ള വസ്തുക്കളാണ് ചക്കക്കുരു അകത്തെ തൊണ്ടുൾപ്പെടെ എല്ലാ ക്യാൻസർ രോഗങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ പോകുന്നതാണ് ഒന്ന് അപാനന്റെ ദൂഷ്യങ്ങളെ മുഴുവൻ സ്വച്ഛന്തമാക്കുന്നതിൽ ചക്കക്കുരു പോലെ ഉത്തമമായ ഒരു ഔഷധം വരെ ഇല്ല മനസ്സിലായില്ല വയറിന് പ്രശ്നമില്ലാത്ത കാലം ചക്കക്കുരു മാങ്ങയും കഴിക്കുന്ന കാലമായിരുന്നു കേരളത്തിൽ ആ അതിനു കാരണം നിങ്ങൾ വല്ല ഉത്സവത്തില് തൊഴാനോ ഒക്കെ പോവുകയാണെങ്കിൽ ഇതൊരു പത്തെണ്ണ അടിച്ചിട്ട് പോയാല് പോകുന്ന വഴിക്ക് മന്മരോ ജെ കെയോ കീറി കടന്നു പോകുമ്പോ മിക്കോരോ ആളുകളൊക്കെ ഓടും അപ്പൊ തിരക്കില്ലാതങ് എത്താം ഉത്സവ സ്ഥലത്ത് ആ അതിന കാരണം അപാനൻ സ്വച്ഛന്തം പുറത്തു പോകും നിങ്ങള് പിടിച്ചാലൊന്നും ശബ്ദമുണ്ടാക്കി വായുവിനെ പുറത്തേക്ക് തള്ളുന്ന അപാനനെ മുകളിലേക്കാക്കാതെ താഴേക്കാക്കുന്ന ഉദാവർത്തം ഏറ്റവും വലിയ രോഗം ഉദാവർത്തമാണ് മലം സ്വച്ഛന്തം പോകുന്നവർ കേരളത്തിൽ നിന്നില്ല ശരിയാണോന്ന് ആലോചിച്ച് നോക്കൂ മലമൂത്രാദികൾ സ്വച്ഛന്തം പോകുന്നതിൽ അപാനനാണ് പ്രവർത്തിക്കുന്നത് അപാനനെ പ്രവർത്തിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ആഹാരപദാർത്ഥങ്ങളിലൊന്നാണ് ശകഗുരു